from ഓം ദക്ഷിണമ്യാനം ഭംഭവം ഭവിഷ്യത്തിവ യുക്കാതീതം തദപ്പ ചുഷ ജാവസ്ഥ എകോനവിശ നിമുഖ സ്ഥല വൈശ്വാനര പ്രഥമപദ സ്വപ്നസ്ഥാനോ അന്ധപ്രജ്ഞ സത് എകോനവിശതി മുഖ പ്രവിക്തജ സോദരീയപ യത്രോ നമം ഗമയത്തെ നപനം പശ്യതിഷുക്തം സുഷുക്തസ്ഥാനീഭൂത പ്രജ്ഞാനഘന എനന്ദമയൂഹ്യേദോമുഖപ്രാജസ്തൃതീയപ േശുരേഷ സേ സൗന്ദര്യാ യോനി പ്രോഭൂത്ത പ്രം നേദ പ്രഘനം ന പ്രാംം ന പ്ര മദ്രസിമം വ്യവഹാരമഗ്രാഹിമലക്ഷണം ചിന്തിയം വിപദേശി കമ്മപ്രസാരം പ്രപഞ്ചോപം ശാന്തം ശിവം അദ്വൈതം ചതുഥം മഞ്ഞുന് സ്വയമാത്മാധ്യക്ഷോധിമാത്രം ജാഗ്രത സ്ഥാനോ വൈശ്വാനരോ അക്കാര പ്രഥമ മാത്ര आदिमत्वाद्वा आपनो ആപ്തൈരാതിമവാൻ വാ ആപണോലിഹ് സർവാൻ കാലിശേദ സ്വപ്നസ്ഥാനക്കയസുക്കാരോ ദ്വിതീയാ മാത്ര ഉത്കർഷാ ഉഭയവാൻ വ ഹവൈ ജാനസന്തതിമാനസ്വഭീൻ നമ്മുടെ വി കൃത്ഭവത്തി സുശുദ്ധസ്ഥാന പ്രോമകാരതൃതീയമാത്രമി തേപ്പീർവാഹവാദം അപീരിച്ചതോ വ്യവഹാരി പ്രപഞ്ചോ വ്യസാര ആത്മൈവ സംവിശതി ആത്മന ആത്മാനം കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ ഭൂപക്ഷത്തിന് സമാധാനമാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ പറഞ്ഞു പ്രജ്ഞാപ്തി സനിമിത്തമാണോ ജ്ഞാനം സവിഷയമാണ് ഒരു വിഷയം പുറമെ ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് ജ്ഞാനം ഉണ്ടാകും അറിവുണ്ടാകും പിന്നെ ബാഹ്യാർത്ഥവാദ സമർത്ഥനം എന്ന് പറയും ബാഹ്യാർത്ഥവാദം ബാഹ്യാർത്ഥം ഉണ്ടെന്ന് പറയുക വിജ്ഞപ്തി അല്ലെങ്കിൽ ജ്ഞാനം അതിൽ നിന്ന് ഭിന്നമായിട്ട് പദാർത്ഥങ്ങളുണ്ടെന്ന് പറയും അങ്ങനെ യുക്തികളെല്ലാം പറഞ്ഞു യുക്തിയുക്തമായി അത് സമർത്ഥിക്കാനും കഴിയും ഇവിടെ സിദ്ധാന്തി പറയുന്നത് ശരി തന്നെ നമ്മൾ പറഞ്ഞത് യുക്തി അനുസരിച്ച് ശരി തന്നെയാണ് അതിനെയാണ് പക്ഷേ നിമിത്തസ്യ അനിമിത്തത്വം ഇഷ്യതേ ആ പറയുന്ന വിഷയങ്ങളെ നിങ്ങൾ വിഷയങ്ങളായി കാണുന്നില്ല എന്തുകൊണ്ട് ഭൂതദർശന പരമാർത്ഥം ഭൂതം എന്ന് വെച്ചാൽ പരമാർത്ഥം പരമാർത്ഥ ദർശനം ഞങ്ങൾ സംസാരിക്കുന്ന പരമാർത്ഥ ദർശനത്തെയൊന്നും ഉണ്ടാവും നിങ്ങൾ പറയുന്നത് നിത്യദർശനത്തെയൊന്നും ഇതാണ് രണ്ട് നിങ്ങളുടെ വ്യത്യാസം പരമാർത്ഥദർശനം നിത്യദർശനം ആധ്യാത്മികതയുടെ പരമകാഷ്ടരമാവധി ചരമസീമ എന്ന് പറയുന്നത് ഈ ഭൂതദർശനമാണ് പരമാർത്ഥദർശനമാണ് എന്ന് പറഞ്ഞാൽ അത് അനുഭവമാണ് ആ അനുഭവത്തിൻ്റെ തലം ഒന്ന് വേറെ യുക്തിയുടെ തലം ഒന്ന് വേറെ യുക്തിയുടെ തലം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുന്ന തത്വചിന്ത തിയറി അതെല്ലാം അവതരിപ്പിക്കുന്ന തലമാണ് യുക്തിയുടെ തലം ആ യുക്തിയുടെ തലത്തിൽ ആ യുക്തിക്ക് ബലം വരുന്നത് ഈ പരമാർത്ഥത്തിൻ്റെ നിലയിലുള്ള കാര്യങ്ങൾക്കായിരിക്കില്ല അങ്ങനെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് പരമാർത്ഥത്തിൻ്റെ നില എന്ന് പറയുമ്പോൾ പ്പുറമുള്ള ഒരു അനുഭൂതിയുടെ നിലയെന്ന് പറയാം ആ അനുഭൂതിയുടെ നിലയിലുള്ള കാര്യങ്ങൾ അതായിരിക്കും അത് അല്ല ഒരിക്കലും യുക്തിയുടെ തലത്ത് ചർച്ച ചെയ്യുന്നു യുക്തിയുടെ തലം എന്തിനു വേണ്ടിയിട്ടാണോ പരസ്പരം കാര്യങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് യുക്തിയുടെ തലം അനുഭൂതിയുടെ തലമെന്ന് പറയുന്നതോ അവളെ സ്വയം ബോധ്യപ്പെടുന്ന ഒരു തലമാണ് യുക്തി ആശ്രയിച്ച് നമ്മൾ പരസ്പരം ബോധ്യപ്പെടുത്തുന്നു ഇന്നതാണ് കൂടുതൽ ശ്രേഷ്ഠം ഇന്നത് ശ്രേഷ്ഠമല്ല എന്നിങ്ങനെ പരസ്പരം ബോധ്യപ്പെടുന്നു അപ്പോ ആചാര്യനും ചിലപ്പോ യുക്തി ഉപദേശിച്ചു യുക്തി ആ യുക്തി ഒരിക്കലും തനിക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടുണ്ട് തനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അനുഭവത്തിൻ്റെ തരത്തിലാണ് അനുഭൂതിയുടെ തരത്തിലാണ് അത് പരമാർത്ഥ ദർശനമാണ് എന്നാണ് വ്യക്തിയെ ആശ്രയിക്കേണ്ടി വരുന്നത് അന്യനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് എങ്ങനെ അനുഭവം കൂടാതെ ബോധിപ്പിക്കാം അനുഭവം കൂടാതെ തന്നെ നമുക്ക് ഒരു വസ്തുവിൻ്റെ പ്രത്യക്ഷമായ നുഭവം കൂടാതെ തന്നെ നമുക്ക് പലപ്പോഴും കാര്യങ്ങൾ ബോധ്യപ്പെടും അതെങ്ങനെയാണ് നമ്മൾ ബോധ്യപ്പെടുന്നത് യുക്തിയിലൂടെ നമ്മുടെ പൂർവ്വ സംസ്കാരത്തെ ആശ്രയിച്ച് നമ്മുടെ അനുഭവങ്ങളെ താരതമ്യം ചെയ്ത് നമ്മൾ യുക്തിയിലൂടെ ബോധ്യപ്പെടും മധുരം എന്താണെന്നൊരാൾക്കറിയാം പക്ഷെ അയാൾ പൽപായസും കഴിച്ചിട്ടില്ല പക്ഷെ അയാൾക്കത് യുക്തിയിലൂടെ ബോധ്യപ്പെടും കാരണം മധുരത്തെക്കുറിച്ചുള്ള സ്മരണ അയാളുണ്ട് സംസാരമുണ്ട് വേറെ ആളെ വിശദീകരിക്കുകയാണ് അത് ഈ ഇന്ന ഇന്ന രീതിയിലായിരിക്കും അത് കുളിപ്പല്ല പൈപ്പല്ല അത് ഇന്ന മധുരം പോലെ അല്ല അതിൽ നിന്ന് ഈ തരത്തിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞൊരാൾ ബോധിപ്പിക്കാം യുക്തിയുടെ തരത്തിലുള്ള ആ ബോധ്യപ്പെടൽ പരമാർത്ഥവൻ തന്നെയുണ്ട് ഒരു ഏകദേശ ബോധ്യം വരും ബോധിപ്പിക്കുന്നതിനു വേണ്ടി എന്ത് ചെയ്യുന്നു ആചാര്യന്മാരും യുക്തിയെ അവതരിപ്പിക്കും ഏകദേശ ബോധ്യത്തിന് വേണ്ടി പരമാർത്ഥ ദർശനം അങ്ങനെയാണ് യുക്തിയുടെ നിലയിൽ ബോധിക്കുന്ന ഒന്നും തന്നെ പരമാർത്ഥ ദർശനത്തിൽ നീക്കത്തില്ല പരമാർത്ഥ ദർശനത്തിന് നമ്മൾ പറയുന്നത് മുക്തന്റെ അവസ്ഥ അടുത്ത നിഭാഷകാരനും പറയും നിങ്ങൾ മുക്തന്റെ അവസ്ഥയിലുള്ള കാര്യമാണോ പറയുന്നത് അത് നിങ്ങളുടെ അജ്ഞന്റെ അവസ്ഥയിലുള്ള യുക്തിയുടെ അവസ്ഥയിലുള്ള കാര്യമാണോ മുക്തന്റെ അവസ്ഥയിലുള്ള കാര്യമാണെങ്കിൽ അത് വേറെയാണ് അത് നിങ്ങളുടെ യുക്തിയുടെ തലത്തിൽ നിന്നുകൊണ്ടൊരിക്കലും അതിനൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഇത് രണ്ടും രണ്ടായിട്ടേ നിൽക്കത്തു ആ യുക്തിയുടെ തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് കുറെ കാര്യങ്ങളെ ബോധ്യപ്പെടാം ബോധ്യപ്പെടുത്താം സ്വയം ബോധ്യപ്പെടുത്താം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താം പക്ഷെ അത് പരമാർത്ഥ ദർശനമുണ്ട് അതുകൊണ്ട് തന്നെ പരമാർത്ഥ ദർശനത്തിന് യുക്തിയെ നിഷേധിക്കേണ്ട കാര്യം കാരണം പരമാർത്ഥ ദർശനത്തിന് യുക്തിയെല്ലാം സഹായിച്ചത് യുക്തി അതിന് നിഷേധിക്കുന്നുമില്ല അതുകൊണ്ട് യുക്തിയുടെ നിലയിൽ നിന്ന് എന്തൊക്കെയാണോ നിങ്ങൾ പറഞ്ഞത് അതെല്ലാം ശരി തന്നെയാണ് അത് പറയുന്നതിൻ്റെ താല്പര്യം എല്ലാം ആരുടെ തരത്തിൽ ശരി യുക്തിയുള്ളവൻ്റെ തലത്തിൽ യുക്തിയുക്തമായി ചിന്തിക്കുന്നവൻ്റെ തരത്തിൽ അതെല്ലാം ശരി തന്നെ അതിന് നിഷേധിക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് കഴിഞ്ഞ കാര്യയിൽ ഒരുപക്ഷെ എന്തൊക്കെ പറഞ്ഞോ അജാതിക്കെതിരായിട്ട് ഒരിക്കലും നടക്കുന്ന കാര്യമില്ല അതിന് ക്ലേശസ് ഉപലബ് ദുഃഖാതി അനുഭവങ്ങളുണ്ട് അജാതി അംഗീകരിക്കാൻ കഴിയത്തില്ല ഈ പറയുന്നതെല്ലാം ശരി തന്നെയാണ് ആരുടെ നിലയിൽ അങ്ങനെ ചിന്തിക്കുന്നവന്റെ നിലയിൽ അങ്ങനെ അനുഭവിക്കുന്നവന്റെ നിലയിൽ അതെല്ലാം പൂർണ്ണമായും ശരി തന്നെയാണ് എല്ലാവരും നിഷേധിച്ചുകൊണ്ടല്ല പക്ഷേ പരമാർത്ഥ ദർശനം അങ്ങനെയല്ല എന്നാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ജ്ഞാനത്തെക്കുറിച്ചും ജ്ഞാനിയെക്കുറിച്ചും മുക്തിയെക്കുറിച്ചും എല്ലാം ഉള്ള നമ്മുടെ അറിവ് നമ്മൾ യുക്തിയിലൂടെ നമ്മൾ ആർജിക്കുന്ന അറിവ് അറിവെന്ന് വെച്ചാൽ നമ്മൾ യുക്തി കൊണ്ട് സമാധാനപ്പെടുകയാണ് ആ അതങ്ങനെ സംഭവിക്കാം ജ്ഞാനം സംഭവിക്കാം യുക്തി സംഭവിക്കാം അതെന്റെ ഇന്നുള്ള അനുഭവത്തിനു യുക്തിക്കും ഇതിരല്ല എന്ന് പറഞ്ഞ് നമ്മൾ സമാധാനപ്പെടുകയാണ് ഈ അറിവ് ഒരിക്കലും പരമാർത്ഥ ദർശനമല്ല ജ്ഞാനത്തിൻ്റെ നിലയല്ല മുഖ്യയുടെ നിലയല്ല അതെല്ലാം കേവലം കൽപ്പനകൾ മാത്രമാണ് ഓരോ തരത്തിലുള്ള ഒരു ബോധ്യപ്പെടൽ മാത്രമാണ് അത് പരമാർത്ഥമെന്ന് കരുതി ആരും ആ വഴിക്ക് പോയിട്ട് കാര്യമില്ല യുക്തിയുടെ നിലയിൽ നിൽക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം പരമാർത്ഥം അവന്റെ യുക്തി തന്നെയാണ് മറ്റതിനെ സംബന്ധിച്ച് അവനൊരു ഒരു കൽപ്പന ഉണ്ടാകുന്നു അല്ലെങ്കിൽ അവന് ഒരു ഏകദേശ ധാരണ ആ ധാരണയിൽ നിന്നുകൊണ്ട് ഒരിക്കലും പരമാർത്ഥ ദർശനം സാധ്യവുമല്ല അതുകൊണ്ട് ഈ പരമാർത്ഥനയെക്കുറിച്ച് ജ്ഞാനത്തെക്കുറിച്ച് ജ്ഞാനിയെക്കുറിച്ച് മുക്തനെക്കുറിച്ച് മുക്തിയെക്കുറിച്ച് ഒന്നും അത് എങ്ങനെ എന്ന് നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ട് അതിന്റെ പൂർണ്ണമായൊരു ഉത്തരം പ്രതീക്ഷിക്കുന്നത് അബദ്ധമാണ് ചോദ്യം നമുക്ക് ചോദിക്കാം പക്ഷെ നമ്മൾ തൃപ്തിപ്പെടുത്തുന്ന ഒരു സമാധാനം ഈ നിലയിൽ സാധ്യമല്ല യുക്തിയുടെ നിലയിൽ സാധ്യമല്ല കാരണം അത് യുക്തിക്ക് അതീതമാണ് അതുകൊണ്ട് ഇവിടെ പറയുന്ന കുറവക്ഷം നമുക്ക് വളരെ ശരിയെന്ന് തോന്നുന്നതാണ് കാരണം അത് യുക്തിയാണ് യുക്തിയുക്തമെന്ന് തോന്നുന്നതാണ് അതിനെ നിഷേധിക്കാതെ അതിനെ അംഗീകരിക്കാതെ പറയുകയാണ് ർ പരമാർത്ഥ ദർശനത്തിലാണ് നിങ്ങളീ പറയുന്ന ബാഹ്യാർത്ഥ നിരാസം സംഭവിക്കുന്നത് മുഖ്യ ദർശനത്തിൽ ബാഹ്യാർത്ഥ സമർത്ഥനം തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവിടെ ആകാരിൻ ആ പരമാർത്ഥ നിലയെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നിമിത്ത അനിമിത്തത്വം വിഷയതയും ഭൂതദർശന എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ രണ്ട് തലങ്ങൾ ഒന്ന് പൂർണമായ പ്രകാശത്തിൻ്റെ തലം അതാണ് ജ്ഞാനത്തിൻ്റെ തലം വ്യക്തിയുടെ തലം അതൊരു മങ്ങിയ വെളിച്ചത്തിന്റെ തലം ഇരുപൊരിക്കലും ഒന്നാകത്തില്ല ഒരിടത്ത് ഇരുട്ടുകൊണ്ട് വെളിച്ചുകൊണ്ട് ഒരിടത്ത് പ്രകാശം മാത്രം രണ്ട് തലത്തിലാണ് ഈ വിഷയങ്ങളെ ശാസ്ത്രങ്ങളിലെല്ലാം ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരുവൻ വ്യക്തിയുടെ തരത്തിൽ നിൽക്കുന്ന ഒരുവന് എന്തെല്ലാം സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചാലും ശരി ജ്ഞാനം ജ്ഞാനി മോക്ഷം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് യഥാർത്ഥമായ അറിവ് എനിക്കുണ്ടായി എന്ന് കരുതാൻ സാധ്യമല്ല അതാണീ പറയുന്ന എൻ്റെ താല്പര്യം ബാഹ്യാർത്ഥത്തെ നിഷേധിക്കുക ബാഹ്യ വിഷയങ്ങളിൽ നിഷേധിക്കുക എന്ന് പറയുന്നത് നമുക്ക് യുക്തി കൊണ്ട് ബോധ്യപ്പെടാൻ പ്രയാസമുള്ള കാര്യമാണെന്നാണ് പറഞ്ഞു വരുന്നത് നിങ്ങൾ പറയണ എൻ്റെ യുക്തിക്കത് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് കേവലമായൊരു വിശ്വാസമോ അതിനപ്പുറം അതൊരു മൂഢതയായിരിക്കും മറിച്ച് ഒരിക്കലും ബാഹ്യാർത്ഥ നിരാശ യുക്തി കൊണ്ട് ബോധ്യപ്പെടാൻ പറ്റത്തില്ല കാരണം ബാഹ്യാർത്ഥത്തെ ആശ്രയിച്ചുകൊണ്ട് യുക്തിക്ക് പ്രവർത്തിക്കാൻ പറ്റും പ്രപഞ്ചത്തെ പ്രപഞ്ച അനുഭവങ്ങളെ നിലനിർത്തിക്കൊണ്ടാണ് യുക്തി പ്രവർത്തിക്കുന്നത് പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് ബാഹ്യാർത്ഥത്തെ യുക്തിയിലൂടെ നിരസിക്കാൻ പറ്റും അത് കഴിയില്ലാതുകൊണ്ടാണ് യുക്തി കൊണ്ട് അതിനെ മറിച്ച് പരമാർത്ഥ ദർശനത്തിൽ അവിടെ ഹ്യാടത്തിൽ നിരാശം വരുന്നു എന്നിങ്ങനെ ഇവിടെ ബാഹ്യാടത്ത് പരമാർത്ഥ ദർശനത്തിൽ നിഷേധിച്ചിരിക്കുകയാണ് ഇതിവിടെ അദ്വൈതിയുടെ നിലപാടായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നതെങ്കിലും ഇത് അദ്വൈതിയുടെ മാത്രം നിലപാടല്ല ഇത് ബൗദ്ധന്മാരിൽ വിജ്ഞാനവാദികളാണ് ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പദ്ധതിഗതികളെക്കാൾ കൂടുതലും ബാഹ്യാർത്ഥം ബാഹ്യ വിഷയത്തിൽ നിഷേധിക്കുന്നവരാണ് ഭാഷകാരനോ ഇനി അത് പറയും അപ്പോൾ ആ വിജ്ഞാനവാദിയുടെ നിലപാടിൽ നിന്നുള്ള വ്യത്യാസവും പറയും അതിന് വരുന്ന ഭാഗത്ത് ചർച്ച ചെയ്യും അടുത്തിവിടെ പറയുന്നത് ഭൂതദർശന എന്ന് പറയുന്നതിന് അഭൂതദർശനാഥ എന്ന് പദം പിരിച്ചും അർത്ഥം പറയാമെന്നാണ് ആശയം ഒന്ന് തന്നെ വിഷയത്തെ ഭൂതദർശനാ എന്നാണ് അവിടെ ഒരു അകാരമുണ്ടെന്നും പറയാം ഇല്ലെന്നും പറയാം ഒരു അകാരം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയത്തെ അഭൂതദർശനാഥെന്ന് വരും വിശ്വദേ പദമാണ് ആ പദത്തിന്റെ അവസാനം ഏകാരം വന്ന് അതിനുശേഷം അകാരം വന്നു കഴിഞ്ഞാൽ അകാരം അപ്രത്യക്ഷമാവും വിശ്വദേവ് ഭൂതദർശനാതന്നെ കേൾക്കത്തുള്ളൂ പക്ഷെ അവിടെ ഒരു അകാരം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാനും പറ്റത്തില്ല ഇത് സംസ്കൃത വ്യാകരണത്തിൻ്റെ ഒരു ഗുണമാണ് ദോഷമാണ് രണ്ടുമാണ് ഗുണമെന്ന് പറയുന്നത് എന്തുകൊണ്ട് വിശ്വദേ ഭൂതദർശന എന്നുള്ളതിന് ഒരർത്ഥം പറഞ്ഞു പരമാർത്ഥ ദർശനമാണ് അതേ പദങ്ങൾ തന്നെ വേറൊര്ത്ഥം പറയുന്നു അഭൂതദർശന മറ്റൊരാശയത്തെ കൂടി അവിടെ അവതരിപ്പിക്കാൻ കഴിയുന്നതാണ് അതിന്റെ ഗുണം ഒരു സ്ഥലത്തുനിന്ന് തന്നെ പല ആശയങ്ങളെ കണ്ടെത്താൻ പറ്റും ദോഷം എന്ന് പറയുന്നത് എന്താണ് പരസ്പര വിരുദ്ധമായ ആശയങ്ങളും പറയാം കാരണം ഭൂതദർശനാഥ് എന്ന് പറയുന്നതിന് നേരെ വിരുദ്ധമായ അർത്ഥം കിട്ടും അഭൂതദർശനാഥ് വിരുദ്ധമായ അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ പരസ്പര വിരുദ്ധമായ ആശയങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ കണ്ടെത്തിയിട്ടാൾക്കാർ ും കാരണം ഈ ദ്വൈതം അദ്വൈതം വിശിഷ്ട അദ്വൈതം ഇത്രയും ഇത് വരാൻ കാരണം ഇതുതന്നെ കാരണം ഈ പറയുന്നതിന് നേരവിരുദ്ധമായ അർത്ഥവും കിട്ടും അതിന് വ്യാകരണം എതിരല്ല ഭാഷാ നിയമങ്ങളൊന്നും അതിനെതിരല്ല പക്ഷെ അങ്ങനെ ഒരു അർത്ഥത്തെടുത്തും നേരവിരുദ്ധമായി ഭാഷകാരൻ കൂടെ അജാതവാദത്തെ വിശദീകരിക്കുന്നുണ്ട് അങ്ങനൊരു വിരോധം വരാത്ത രീതിയിൽ ഈ രണ്ടർത്ഥങ്ങൾ കൊടുക്കുന്നു ഭൂതം എന്ന് പറയുന്നതിന് വിരുദ്ധമാണ് വിപരീത പദമാണ് അഭൂതം അങ്ങനെ ഒരു വിപരീത പദം കണ്ടെത്തിയിട്ടും അർത്ഥത്തിൽ വ്യത്യാസപ്പെടുത്തുന്നുണ്ട് കാരണം ഇവിടെ അദ്വൈതത്തെയാണ് അജാതിയാണ് ഉറപ്പിക്കേണ്ടത് പക്ഷെ ഒരു ദ്വൈതിയുടെ കയ്യിലാണിത് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യും ഈ പറഞ്ഞതിന് നേരെ വിരുദ്ധമായ അർത്ഥത്തെ സമർത്ഥിക്കുന്നു ഇതതിന്റെ ദോഷമാണ് സംസ്കൃതം എന്ന് പറഞ്ഞാൽ എല്ലാം ഗുണമാണെന്നൊന്നും കരുതില്ല ഗുണങ്ങളുടെ ദോഷമാണ് എന്തായാലും ഇനി രണ്ടാമത്തെ അർത്ഥം പറയുന്നു അഭൂതദർശനാദ് അതാണ് അടുത്ത് നമ്മൾ വിചാരിച്ചിട്ട് അഥവാ ഭാഷയത്തിനടുത്ത് പറയുന്നു അഭൂതദർശനാദ് ബാഹ്യാർത്ഥ്യ അനിമിത്തത്വം വിഷയത്തി അർത്ഥമൊന്നും വ്യത്യാസപ്പെടുത്തിയില്ല നിമിത്ത അനിമിത്തത്വം വിഷയതേ ഭൂതദർശന അഭൂതദർശന അതെന്നെടുത്തു അങ്ങനെ ഒരു അകാരമെടുത്ത് പറഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം അതുപോലെ തന്നെ കാരണം വയ്യാകുരന്മാർ പറയും അവിടെ ഏകാരത്തിനു ശേഷം ഒരു അകാരം ഉണ്ടായിരിക്കാം അവിടെ പൂർവ്വരൂപം വന്നതാണ് എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അകാരത്തെ അംഗീകരിച്ചേ നിഷേധിക്കാൻ പറ്റത്തില്ല അല്ല അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഒരാൾ പറയണ അങ്ങനെ ഒരു അകാരമേ ഇല്ല അവിടെ ഭൂ ഭൂത് എന്ന് പറഞ്ഞാൽ അതും അംഗീകരിക്കേണ്ടി വരും രണ്ട് സ്വീകരിച്ചേ പറ്റും പക്ഷെ വിപരീത പദങ്ങൾ വരും വിപരീത അർത്ഥം വരും മുൻകൂട്ടി കണ്ടുകൊണ്ട് വിപരീത അർത്ഥം എടുക്കാതിരിക്കുന്നതിന് വേണ്ടി ഭാഷകാരൻ അതുപോലെ കണ്ടുകൊണ്ട് വ്യാഖ്യാനിച്ചു അഭൂതദർശന ബാഹ്യാർത്ഥസ്യ നിമിത്തത്വം വിഷയം എന്താണ് അഭുതദർശനാഥെന്ന് പറഞ്ഞാൽ പറയുന്നു രജ്ജ്വാജ്വാ സർപ്പാദേഹി അദ്വൈതം മനസ്സിലിരിക്കുകയാണെങ്കിൽ എങ്ങനെയും വ്യാഖ്യാനിക്കാം വരികൾ എങ്ങനെയായിരുന്നാലും ശരി തൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യത്തെ തന്നെ എവിടെയും കൊണ്ട് സമർപ്പിക്കാം അപ്പം ഇവിടെ പദം മാറി നേരെ വിപരീത പദം കിട്ടിയിട്ടും ഭാഷകാരനും വിടുന്നുണ്ട് പറയുന്നത് രജ്വാദവ് ഇവ സർപ്പാദേഹിത്യഥ ഇതാണ് പാണ്ഡിത്യത്തിന്റെ ഗുണം എന്ന് പറയുന്ന അതാണ് ഇവിടെ എന്തെഴുതിയിരിക്കുന്നു എന്നുള്ളത് തന്റെ പ്രശ്നം എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് എന്തെഴുതിയിരുന്നാലും ശരി തന്റെ മനസ്സിലിരിക്കുന്നത് വ്യാഖ്യാനിക്കുന്നു പാണ്ഡിത്യത്തിന്റെ ദോഷം ഇത് തന്നെ എഴുതിയിരിക്കുന്നതും പറയുന്നുണ്ട് ഒരു ബന്ധുവും കാണത്തില്ല തന്റെ മനസ്സിൽ ഇരിക്കുന്ന പറയാം അതാണ് എന്റെ ദോഷവും വിപരീതമായൊരു പദം വന്നിട്ടും ഭാഷകാരൻ എന്തെയ്യുന്നു താൻ പറഞ്ഞത് പറയുന്നു ഭ്രാന്തി ദർശന വിഷയത്വാച്ച നിമിത്ത അനിമിത്തത്വം അഭൂത ദർശനം ഭൂതദർശനം എന്ന് വെച്ചാൽ പരമാർത്ഥദർശനം അഭൂതദർശനം എന്ന് പറഞ്ഞാൽ എൻ്റെ നേരെ വിപരീതം എന്താണ് ഭ്രാന്തി ദർശനം പരമാർത്ഥ ദർശനത്തിന് നേരെ വിപരീതമായ ഭ്രാന്തി ദർശനം പ്രപഞ്ചമെന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഭ്രാന്തി ദർശനമാണ് പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങളോ എല്ലാം ഭ്രാന്തി ദർശനത്തിന്റെ വിഷയം എന്ന് പറയുമ്പോൾ അദ്വൈതത്തിന് യാതൊരു ദോഷവും വരുന്നില്ല അജാതവാദത്തിനും ദോഷം വരുന്നില്ല അതുകൊണ്ട് ഈ വിഷയങ്ങളൊന്നും വിഷയങ്ങളേ അല്ല പരമാർത്ഥ വിഷയങ്ങളേ അല്ല എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഇതൊരു ഭ്രമത്തിന് വിഷയമായിരിക്കുന്നത് കൊണ്ട് ഈ അനുഭവങ്ങൾ ഈ അനുഭവ വിഷയങ്ങൾ കാണുന്നതെല്ലാം ഭ്രമവിഷയങ്ങളായതുകൊണ്ട് ഈ വിഷയങ്ങളൊന്നും പരമാർത്ഥ വിഷയങ്ങളെയല്ല എന്ന് പറയുമ്പോൾ ഇവിടെ പദം മാറി വിപരീത പദം വന്നിട്ടും അർത്ഥത്തിനോട് മാറ്റുന്നു അതാണ് പണ്ഡിതന്മാരുടെ സാമർഥ്യം എന്ന് പറയുന്നത് അഭാവേ അഭാന പറയുന്നു അഭ്രാന്തി ഇല്ലെങ്കിൽ വിഷയങ്ങളുമില്ല തന്നെ വളരെ യുക്തിയുക്തമായി മനോഹരമായി സമർത്ഥിക്കുകയാണ് പദം മാറുന്ന വിഷയം നേരെ വിരുദ്ധമായൊരു പദം വന്നിട്ടും അർത്ഥത്തിനൊരു വ്യത്യാസം ദ്വൈതിയാണ് ദ്വൈത ചിന്തയാണ് മനസ്സിൽ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ല വ്യാഖ്യാനിക്കുന്നത് അഭാവേ അഭാന ഭ്രാന്തി ദർശനം ഇല്ലെങ്കിൽ ഇതൊന്നും പ്രതീതമാകത്തില്ല ഈ പ്രാപഞ്ച വിഷയങ്ങളൊന്നും അനുഭവപ്പെടത്തില്ല അങ്ങനെ പറയുന്നതിന് അദ്വൈതത്തെ സംബന്ധിച്ച് യാതൊരു ദോഷവും ശരിയായ സിദ്ധാന്തമാണ് നഹി സുഷിപ്ത സമാഹിത മുക്താനാം ഭ്രാന്തി ദർശന അഭാവേ ആത്മവ്യതിരിക്തോ വ്യാഖ്യാനിച്ച് അജാതവാദത്തെ സമർത്ഥിക്കുകയാണ് സുഷുപ്തൻ ഉറങ്ങിക്കിടക്കുന്നവൻ സമാഹിതൻ യോഗസമാധി പ്രപഞ്ചത്തെ മറന്നിരിക്കുന്നവൻ മുക്തൻ ഇവർക്കെല്ലാം ഭ്രാന്തിദർശനാഭാവി ഇവർക്കൊന്നും ഭ്രാന്തി ദർശനമില്ല ഭ്രമമില്ല മുക്തനെന്ന് പറയുമ്പോൾ ഭ്രമത്തിൽ നിന്ന് മുക്തനായവനാണ് ഉറങ്ങിക്കിടക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ജ്ഞാനുമില്ല ഭ്രമവുമില്ല സമാഹിതനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിനെ നിരോധിച്ചിരിക്കണം പിന്നെ അവനെന്ത് അനുഭവം ഉണ്ടാകുന്ന ഒരു അനുഭവം ഭ്രാന്തി ദർശനങ്ങളില്ല അതില്ലാത്തതുമുണ്ട് പക്ഷെ അവനുണ്ട് അവിടെ ഉറങ്ങുന്നവനും ഉണ്ട് സമാധീരിക്കുന്നവനുമുണ്ട് മുക്തനുമുണ്ട് എന്താ ഉള്ളത് ആത്മവ്യതിരിക്തോ ബാഹ്യമോ അടുത്ത നപരങ്ങളെ തന്നിൽ നിന്ന് ഭിന്നമായി ഒരു വിഷയം അവനവിടെ അറിയുന്നില്ല ഈ അവസ്ഥയിലൊന്നും അപ്പോ ആ ഭ്രാന്തി ദർശനം വിഷയവുമായി ഒന്നുമില്ല എന്തുകൊണ്ട് ഭ്രാന്തി ദർശനം ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ടും മനസ്സിലാക്കാം ഇവിടെ ആത്മാവെന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞ വിജ്ഞാനം ആ വിജ്ഞാനത്തിൽ നിന്നും വ്യതിരിക്തമായി പദാർത്ഥങ്ങളെ ഇല്ല എപ്പോഴാണോ ഭ്രാന്തി ഉള്ളത് അപ്പോൾ വിജ്ഞാനം വ്യതിരിക്തമായ പദാർത്ഥമുണ്ട് ജാഗ്രതത്തിന് സ്വപ്നത്തിന് പ്രപഞ്ചാനുഭവമുണ്ട് ആ പ്രപഞ്ചാനുഭവത്തെ ആകെ പറയുന്നതാണ് ഭ്രാന്തി എന്ന് എൻ്റെ രജിസർപ്പ് ഭ്രാന്തി प्रवंज ജാഗ്രത്തിലെയും സ്വപ്നത്തിലെയും ഈ ഭാനം പ്രപഞ്ചബോധം ഇത് മൊത്തത്തിലൊരു ഭ്രാന്തിയാണ് എന്നാണ് പറയുന്നത് അതിന് സത്യവും അസത്യവും എത്തിയിരിക്കാനൊന്നും വയ്യ ആ ഭ്രാന്തി ഇല്ലാതിരിക്കുന്ന അവസ്ഥകളിൽ അത് യുക്തിവാദിക്ക് ദൃഷ്ടാന്തമായിട്ടാണ് പറയുന്നത് സുഷത്തിനെ അത് ആർക്കും അംഗീകരിക്കാം എന്നുള്ള കാര്യമാണ് സമാധിയും മുക്തിയും എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല സുശൃത്തിയെ ചറവാകനും അംഗീകരിക്കാം അതുകൊണ്ട് ഏറ്റവും മുഖ്യമായ ദൃഷ്ടാന്ത സുശക്തിയാണ് മറ്റ് രണ്ടിനെ അപേക്ഷിച്ച് അവിടെ ഭ്രാന്തിയില്ല വിഷയങ്ങളുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർവാകൻ ഏറെക്കുറെ സമ്മതിക്കും ഉറക്കത്തെ സമ്മതി ശരിയല്ല ഉറക്കത്തിൽ ഇല്ല അറിവില്ല വിഷയങ്ങളുമില്ല സമാഹിതന്റെ കാര്യം അതായത് സമാധീലിരിക്കുന്നവന്റെ കാര്യം അത് അവനെ അറിയാൻ പറ്റും മറ്റുള്ളവർക്ക് അത് അറിയാൻ പറ്റത്തില്ല പക്ഷേ ഇപ്പോൾ ഉണർന്നിരുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ വിഷയങ്ങളുണ്ടല്ലോ അതിന് വിനിഗമനം ഇല്ല എന്ന് പറയും ഒരു ഭാഗത്ത് സമർത്ഥിക്കുന്നതിനുള്ള യുക്തി ഇല്ല എങ്ങനെയാണ് ഒരാൾ പറയുന്നു ഉറങ്ങിക്കിടക്കുമ്പോ പ്രപഞ്ച അനുഭവം ഇല്ല ഭ്രാന്തി ഇല്ല അതുകൊണ്ട് വിഷയങ്ങളില്ല അതേ യുക്തി തിരിച്ചും പ്രയോഗിക്കാം ഉണ്ണന്നിരിക്കുമ്പോ പ്രപഞ്ചാനുഭവമുണ്ട് അതുകൊണ്ട് ബാഹ്യ വിഷയങ്ങളുണ്ടെന്ന് പറയാം ഇതൊന്നു മാത്രം അങ്ങനെ ശരിയാകും പുറകിൽ കിടക്കുമ്പോ എന്താ എന്ന് പറയാമെങ്കിലും ഉണർന്നിരിക്കുമ്പോൾ ഉള്ളതുകൊണ്ടുണ്ടെന്നും പറയാം ഏത് പക്ഷമാണ് ശരി അതിന് സമാനം പറയണത് നഹി ഉന്മത്ത അപഗതം വസ്തുവാൻ ഉന്മത്തരവി തഥാഭൂതം ഗമ്യത അവർ ഇന്ന് ലോകത്തിനും കാണാറുണ്ടല്ലോ ഉന്മത്തൻ മനസ്സിൻ്റെ സമനില തെറ്റിയവർ അവർ പലതും കാണും ആനയില്ലാത്തടത്ത് ആനയെ കാണും കുതിരയില്ലാത്തടത്ത് കുതിരയെ കാണും അത് മനസ്സിൻ്റെ നിലവിട്ടുപോയതുകൊണ്ടാണോ ഉന്മാദം കൊണ്ടാണ് ഉന്മാദം കൊണ്ട് കാണുന്ന വസ്തുക്കളെ ഉന്മാദമില്ലാത്തവൻ കാണുന്നില്ലല്ലോ ഉന്മാദമില്ലാത്ത ഒരാൾക്ക് പറയാൻ പറ്റുമോ ഇവൻ കാണുന്ന വസ്തുവുമുണ്ട് എന്ന് പറയാൻ പറ്റുമോ ഉന്മാദമുള്ളവൻ ആനയെ കണ്ടു അതുകൊണ്ട് ആനയുള്ളൂ എന്ന് പറയാൻ പറ്റുമോ അതിങ്ങനെ പറയാൻ കഴിയും ഉന്മാദമില്ലാത്തവൻ പറയാൻ കഴിയത്തില്ല ഉന്മാദമില്ലാത്തവന് ഇങ്ങനെ പറയാൻ പറ്റും ആ ഉന്മാദം ഉള്ളവന്റെ അനുഭവത്തിൽ അവനെ സംബന്ധിച്ചാൽ ശരിയായിരിക്കും അവനാനെ കണ്ടതെന്ന് പറയുന്ന അവന്റെ അനുഭവമാണ് അവന്റെ അനുഭവത്തെ നിഷേധിക്കുന്നില്ല പക്ഷെ ഉന്മാദമില്ലാത്തെന്ന് പറയുന്നത് എന്താണോ ആ അനുഭവം പരമാർത്ഥമല്ല അനുഭവത്തിന് നിഷേധിച്ചിട്ട് കാര്യം ഉണ്ടാവും പറയും ഞാൻ കണ്ടതാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നതാണ് അനുഭവത്തെ ആർക്കും നിഷേധിക്കാൻ പറ്റും എന്റെ അനുഭവത്തെ നിഷേധിക്കുകയല്ല മനസ്സിൽ ഇത്രേ പറയുന്നുണ്ടോ അത് പരമാർത്ഥമല്ല അതിനു വേണ്ടിയിട്ടാണ് ഈ ദൃഷ്ടാന്തം പറഞ്ഞത് അല്ല നമുക്ക് രണ്ടു ശരിയെന്ന് പറയാൻ പറ്റത്തില്ല ഉന്മാദമില്ലാത്ത ഒരാൾക്ക് പറയാൻ പറ്റുമോ ആ ഭ്രാന്തൻ കണ്ടത് ശരി ഞാൻ കാണുന്നത് ശരി അത് പറയാൻ കഴിയത്തില്ല അല്ല ഇത് രണ്ടും ഒരു സ്ഥലത്താ സംഭവിക്കുന്നു നിൽക്കുകയാണ് ഒരാൾ ആനയെ കാണുന്നു മറ്റൊരാൾ ആനെ കാണുന്നില്ല അയാൾക്ക് എങ്ങനെ പറയാൻ കഴിയും അവൻ കണ്ടത് ആനയും ശരിയാണ് ഞാൻ ആനയും കാണുന്നുണ്ട് അത് ശരിയാണ് അത് പറയാൻ പറ്റത്തില്ല ഉന്മാദം കൊണ്ടുള്ള അനുഭവം ഒന്നും ഉന്മാദമില്ലാത്ത അനുഭവം വേറെന്നേ പറയാൻ പറ്റും ഒന്ന് പരമാർത്ഥം ഒന്നും പരമാർത്ഥമല്ല എന്നേ പറയാൻ കഴിയും അതാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നത് ഭ്രാന്തി ദർശനം കൊണ്ട് നീ പറയുന്നു ാഹ്യമായ വിഷയങ്ങളുണ്ട് ഉണ്ടെന്ന് മാത്രമല്ല ഇതെല്ലാം സത്യമാണ് ഈ കാണുന്നതും കേൾക്കുന്നതും എൻ്റെ അനുഭവങ്ങളും സത്യമാണ് ഭ്രാന്തിയിൽ നിന്നും മോചിച്ചവൻ അതുകൂടെ പറഞ്ഞ മുക്തൻ ആ മുക്തനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഭ്രാന്തി ഇല്ലാത്തവനെ പോലെയാണ് അവനെല്ലാം ശരിയെന്ന് പറയാൻ പറ്റത്തില്ല അവൻ പറയും എന്താണ് ശരി നിന്റെ യുക്തിക്കനുസരിച്ച് നീ പറയുന്നത് ഒക്കെ ശരിയല്ല പക്ഷെ അതൊന്നും പരമാർത്ഥമില്ല എന്തുകൊണ്ട് ഞാൻ ആ ഭ്രാന്തിയിൽ നിന്നും മുക്തനാണ് അതാണ് അവിടെ മുക്തന്റെ ഉദാഹരണം പറഞ്ഞത് അത് മുക്തൻ മാത്രമേ പറയാൻ കഴിയൂ ഭ്രാന്തി ഇല്ലാത്തവന് മാത്രമേ പറയാൻ കഴിയൂ വാസ്തവത്തിൽ അവിടെ ആനയുണ്ടോ അല്ലേ എന്നുള്ളത് രണ്ടു ഭ്രാന്തന്മാരാണ് കൂട്ടിമുട്ടുന്നതെങ്കിലോ അവൻ പറയും ശരി ഞാൻ ആനയെ കണ്ടു മറ്റൊന്നു മുറി ഞാൻ കുതിരയെ കണ്ടു എന്നെ അവർക്ക് പറയാൻ പറ്റും ഒന്നും മാറി മറ്റൊന്നും പറയാനേ കഴിയും വിഷയത്തെ നിഷേധിക്കാൻ കഴിയത്തില്ല അത് അനുമത്തനായിരിക്കും അതെന്ന് പറയുന്ന അനുന്മത്ത രവി പ്രധാഭൂതം ഗംഭ്യത അനുന്മത്തന്മാരങ്ങനെ അറിയുന്നില്ല അതുപോലെ സുഷുപ്തനെ വിടുക സമാഹിതന്യം വിടുക മുക്തന്റെ കാര്യം എടുക്കുക മുക്തൻ എന്ന് പറയുന്നത് ഭ്രാന്തിയിൽ നിന്നും മുക്തനാണ് ഭ്രാന്തിയിൽ നിന്ന് മുക്തനാണ് ആ മുക്തന്റെ അനുഭവത്തെയാണ് ഇവിടെ പറയുന്നത് മുക്തനെ സംബന്ധിച്ച് ഭ്രാന്തി ഇല്ല അതുകൊണ്ട് തന്നെ ബാഹ്യമായി പരമാർത്ഥ വിഷയങ്ങളും ഇല്ല ചോദിക്കാതെ മുക്തിയെ ഞങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അങ്ങനെ ചോദിക്കാം അപ്പൊ ഭ്രാന്തള്ളവനെ സംബന്ധിച്ച് ഭ്രാന്തില്ലാത്ത ആരുമില്ല അതാ ഭ്രാന്തിൽ നിന്ന് മുക്തമായാലേ മനസ്സിലാകത്തോ അനുന്മത്ത അവസ്ഥയിലെത്തിയാലേ മനസ്സിലാവും അപ്പൊ ഉന്മാദമുള്ളവൻ തരുതുകയാണ് എല്ലാവർക്കും ഉന്മാദമാണെന്ന് കരുതി എന്ത് ചെയ്യാൻ പറ്റും ഉത്മാദമുള്ളവനെ ഡോക്ടറെ എടുത്തുകൊണ്ടിരുന്ന ആൾ പറയും തന്നെയാണ് ചികിത്സിക്കേണ്ടത് തകരാറ് തനിക്കാണ് എനിക്ക് യാതൊരു പ്രശ്നമുണ്ട് എന്ന് പറയും അങ്ങനെ പറയുന്നതുകൊണ്ടാണ് ഉന്മാദത്തിൽ മുക്തനാണോ അല്ല അത് തന്നെയാണ് ഉന്മാദത്തിന്റെ ലക്ഷം ഡോക്ടർക്കാണ് രോഗമെന്ന് പറയുന്നതാണ് ഉന്മാദത്തിന്റെ ലക്ഷണം അപ്പൊ മുക്തനാണ് ഭ്രാന്തി എന്ന് നിങ്ങൾ പറയുന്നത് തന്നെയാണ് ഭ്രാന്തിയുടെ അടയാളം അതുകൊണ്ട് തനിക്കും ഭ്രാന്താണെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഭ്രാന്തി നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല അതിന് ചികിത്സിച്ചാലേ പറ്റും അതുകൊണ്ട് മുക്തന്റെ അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കാൻ പറ്റും അങ്ങനെ ഒന്നുണ്ട് അവർക്ക് ഭ്രാന്തി ദർശനമില്ല ഭ്രാന്തി ദർശനമില്ലാത്തതുകൊണ്ട് തന്നെ ബാഹ്യാർത്ഥങ്ങളുമില്ല ഇത് ഭ്രാന്തനോട് പറഞ്ഞാൽ അങ്ങനെ ശരിയാകും ഇതൊരു വഴിയുള്ള ഒന്നാണ് ചികിത്സിക്കുക നല്ല ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിക്കുക ചികിത്സയിൽ കഴിയുമ്പോൾ ബോധ്യപ്പെടും അതുവരെ രക്ഷയില്ല ഇതാണ് ഈ രണ്ട് തലത്തെക്കുറിച്ച് പറഞ്ഞത് ഒന്ന് വ്യക്തിയുടെ തലം മറ്റൊന്ന് പരമാർത്ഥ ദർശനം വ്യക്തിയുടെ തലത്തിൽ നിൽക്കുന്നതെല്ലാം ഭ്രാന്തന്മാരാണ് പരമാർത്ഥ ദർശനത്തിൽ നിൽക്കുന്നവൻ മുക്തൻ ആധ്യാത്മികത ദുരുപദേശം ആത്മീയത എന്നൊക്കെ പറയുന്നത് എന്താണ് ഭ്രാന്തന്മാരെ ഭ്രാന്തില്ലാത്തയാളെ ചികിത്സിക്കുന്നതാണ് പക്ഷെ ഇവനൊരിക്കലും സമ്മതിക്കരുത് എനിക്ക് ഭ്രാന്ത് ഉണ്ടെന്ന് അതാണ് വാസ്തവക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടിവിടെ അത് തന്നെ ഉദാഹരണമായിട്ടെടുത്തത് അതിന് മരുന്നെന്ന് പറയുന്നത് ചികിത്സിച്ചു മാറ്റുക എന്നുള്ളത് ആ ഭ്രാന്തി ദർശനത്തിൽ നിന്ന് മുക്തനാകുക അതാണ് മുക്തി എന്ന് പറയുന്നത് അവന് ബോധ്യപ്പെടും എന്താണ് അജാതപാതം എന്താണ് അജാതി അല്ല യുക്തി കൊണ്ട് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കരുത് അങ്ങനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത തർക്കങ്ങളായിരിക്കും ഫലം ആ തർക്കങ്ങളിൽ തന്നെ നിൽക്കും മനസ്സ് എന്നുവെച്ചാൽ ആ ഭ്രാന്തിൽ നിന്നും മോചനം കിട്ടത്തില്ല അതുകൊണ്ടിവിടെ പറയുന്നു ഉന്മത്ത അപഗതം വസ്തു അനുന്മത്തെ രവി തഥാഭൂതം ഗമ്യത രണ്ടു നിലയാണ് ഈ ലോകത്ത് രണ്ടു കൂട്ടരേ ഉള്ളൂ ഒന്ന് ഭ്രാന്തമാരെയും മറ്റത് ഭ്രാന്തന്മാരും അതിൽ ചികിത്സിക്കുന്നവരുണ്ട് ചികിത്സിക്കാത്തവരുമുണ്ട് അതിൽ ചികിത്സ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നവരെയും നമ്മൾ സ്വാമിമാരൊന്നും മറ്റും വിളിക്കുന്നു ചികിത്സിക്കാത്തവന് നമ്മൾ പറയും ലൗകികനെന്ന് പറയും ഇതേ ഉള്ളൂ വ്യത്യാസം മുക്തന്റെ ജോലി എന്താണത് ഈ ഭ്രാന്തന്മാരെയൊക്കെ ചികിത്സിക്കുക അതാണ് അവരുടെ ജോലി വലിയൊരു ക്ലേശമാണ് അതുകൊണ്ടാണ് പറയുന്നത് ലോകം ഇവരും ഭ്രാന്താലയമാണ് എന്ന് പറയുന്നത് അതുകൂടെ മുക്തന്റെ ഉദാഹരണം കൊടുത്തിരിക്കുന്നു നിങ്ങൾക്ക് അജാതവാദമോ അദ്വൈതമോ എന്താണെന്ന് പിടികിട്ടുന്നത് ആ പരമാർത്ഥ ദർശനത്തിലേ ഉള്ളു എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം ഏതേന ദ്വയദർശനം സംക്ലേശ ഉപലബ്ധിച്ച ഏത് തരത്തിലായാലും പറയുന്നു ഭാഷകാരും പറയുന്നു പദം എങ്ങനെയായാലും ശരി വ്യാകരണം എങ്ങനെയായാലും ശരി താൻ സാധിച്ചു ദ്വയദർശനം സംക്ലേശ ഉപലബ് അതാണ് മുമ്പ് പറഞ്ഞത് ഞങ്ങൾ നേരിട്ട് കാണുന്നുണ്ട് ഞങ്ങളുടെ അനുഭവമാണ് പ്രപഞ്ചം ഞങ്ങൾ കാണുന്ന വിഷയങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട് അതാണ് ദ്വയദർശൻ അതുമാത്രമല്ല ആ പ്രപഞ്ചത്തോട് മനസ്സിന്റെ പ്രവർത്തനങ്ങൾ പ്രതിപ്രവർത്തനം അതുകൊണ്ടുള്ളിൽ ഉണ്ടാകുന്ന ക്ലേശം ദുഃഖം വികാര ഇതെല്ലാം ഈ പ്രപഞ്ചം ഉണ്ട് എന്നുള്ള അനുഭവത്തെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് പ്രപഞ്ചത്തെ എങ്ങനെ നിഷേധിക്കാൻ സാധ്യമല്ല എന്നാണ് അതിനുള്ള സമാധാനം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പരമാർത്ഥ ദർശനത്തിൽ അല്ലെങ്കിൽ മുക്തന്റെ നിലയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞു ആ നിലയിൽ നിങ്ങളീ പറയുന്ന തർക്കങ്ങളും യുക്തിയും വാദങ്ങളും എല്ലാം അസംബന്ധമാണ് അതാണ് പറയുന്നത് പ്രജ്ഞത്തെ സനിമിത്തത്വം വിഷയത്തെ യുദ്ധിദർശനാ നിമിത്ത അനിമിത്തത്വം ൂതദർശനാഥ ഭാഗത്തെല്ലാം ചർച്ച ചെയ്യുന്നത് ക്ഷണിക വിജ്ഞാന ഭാഗത്തെ അംഗീകരിച്ചു കൊണ്ടാണ് ഈ പറയുന്ന ഇതിനെ തന്നെ നേരത്തെ പറഞ്ഞ പൂർവ്വപക്ഷം എന്താണ് സംക്ലേശ ഉപലബ്ധി എന്ന് പറയുന്ന ഈ പൂർവ്വപക്ഷത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ ഈ വാദത്തെ നിഷേധിക്കുന്ന ഭാഗമുണ്ട് ബൃഹധാരണയെത്തരും മറ്റൊരു ഭാഷയെ തന്നെ തന്നെ നേരത്തെ പറഞ്ഞ യുക്തികളെ സിദ്ധാന്തമായി സ്വീകരിച്ചുകൊണ്ട് വിജ്ഞാനവാദത്തെ നിഷേധിക്കുന്നു എന്നാലും ഇവിടെ അതിനെ സിദ്ധാന്തമായി സ്വീകരിച്ചിരിക്കും കാരണം ഇവിടെ ഇപ്പോൾ അജാതിയെ സമർത്ഥിക്കേണ്ടത് വിജ്ഞാനവാദത്തെ അല്ല രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട് അത് പറയുക അതുകൊണ്ട് വീണ്ടും ആ വിഷയത്തെ ചർച്ച ചെയ്യുകയാണ് എന്താണ് എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നില്ല എന്നതുകൊണ്ട് പരമാർത്ഥം ഒരിക്കലും അതല്ലാതെയാകത്തില്ല പക്ഷെ ഭക്ഷ്യകാരൻ എന്ത് ചെയ്യുന്നു വശുകാരനും കരികാരനും ആ ജാതി എന്ന് പറയുന്ന പരമാർത്ഥത്തെ ബോധ്യപ്പെടുത്തുന്നു അതിനനുഭവം യുക്തി അതിനുവേണ്ട ദൃഷ്ടാന്തങ്ങൾ എണ്ണം കാണിച്ചുകൊണ്ട് ചിത്തം നൃശത്തി അഭൂ യാഥസ്മാതി निमित्तम् അധഹ ചിത്തം ന സംസ്പൃശതി അർത്ഥം ബാഹ്യാലംബന വിഷയം നമ്മളെന്താണ് കരുതുന്നത് ഈ വൈദ്യുത്രി അനുഭവം നേരത്തെ പറഞ്ഞുകൊണ്ടോ ഇത് കറുപ്പാണോ ഇത് വെളുപ്പാണ് ഇങ്ങനെയുള്ള ഈ അനുഭവം ഉണ്ടാവണമെങ്കിൽ ഈ അനുഭവത്തിന് നിമിത്തമായി പുറമേ ഒന്ന് വേണം അതിനാണ് ബാഹ്യം നിമിത്തമെന്ന് പറയുന്നത് ആ പുറമേ ഉള്ളത് ഒന്നിനൊന്ന് വിപരീതമായിരിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ അനുഭവം എല്ലാം ഒരുപോലെ ഇരിക്കണമല്ലോ നമുക്ക് വെളുപ്പ് മാത്രം അനുഭവപ്പെടുക അല്ലെങ്കിൽ കറുപ്പ് മാത്രം അനുഭവപ്പെടുക അങ്ങനെ സംഭവിക്കുന്നില്ല വെളുപ്പ് അനുഭവപ്പെട്ട് അടുത്ത് കറുപ്പ് അനുഭവപ്പെടുന്നു ഈ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ പുറമേ വ്യത്യസ്തമായ വിഷയങ്ങൾ ഉണ്ടായാലേ പറ്റും ഇതാണ് യുക്തി അതിനെയാണ് പരമാർത്ഥ ദർശനം കൊണ്ട് നിഷേധിക്കുന്നത് നാസ്ത്യബാഹ്യ നിമിത്തം ബാഹ്യമായ നിമിത്തമേ ഇല്ല അതാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം അധ ചിത്തം സംസൃശതി അർത്ഥം അതുകൊണ്ട് ഈ ചിത്തം ഈ നാനാ വിഷയങ്ങളെ ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചിത്തം അതിൽ നിന്ന് വേറിട്ട് ഒരു വിഷയത്തെ ഗ്രഹിക്കുന്നില്ല നമുക്ക് ബാഹ്യമായി ചിത്തബാഹ്യമായി ഇത് യഥാർത്ഥമാണ് എന്ന് തോന്നുന്ന ഈ വിളയും കറുപ്പും അതൊന്നും ചിത്തത്തിൽ നിന്ന് വേറിട്ടല്ല എന്നാണ് പറഞ്ഞത് എന്നാൽ ചിത്തം തന്നെ സംസ്കൃശതി അർത്ഥം ബാഹ്യാലംബന വിഷയം ബാഹ്യാലംബനമായിരിക്കുന്ന വിഷയങ്ങൾ അങ്ങനെയില്ല ചിത്തത്തിന് വിഷയമാക്കാൻ ചിത്തത്തിന്റെ മുമ്പിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല നാവി അർത്ഥാഭാസം ചിത്തത്വ സ്വപ്ന ചിത്തവർ ചിത്തം വിഷയവുമായി ബന്ധപ്പെടുന്നില്ല മാത്രമല്ല വിഷയങ്ങളെ അവിടെ ഇല്ല എന്തുകൊണ്ട് ഇതിനെയെല്ലാം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ചിത്രം തന്നെ ഇതേ ചിത്തം എന്റെ സ്വപ്നത്തിനും ഇതിനെയെല്ലാം ഗ്രഹിച്ചത് സ്വപ്നത്തിനും ഉണ്ടായിരുന്നല്ലോ വെളുപ്പും കറുപ്പുമല്ല അവിടെ ഈ വെളുപ്പും കറുപ്പമൊന്നും ഇല്ലാതെ ആനയും കുതിരയൊന്നും ഇല്ലാതെ തന്നെ ഈ ചിത്രത്തിന് അതിനെല്ലാം ഗ്രഹിക്കാമെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടുന്ന സ്വപ്ന ചിത്തവ് പക്ഷുകാരനോട് ദൃഷ്ടാന്തം പറയുകയാണ് വിഷയങ്ങളില്ലാതെ അവിടെ സർവ്വ വിഷയങ്ങളെയും കാണാമെങ്കിൽ അത് കാണാതാകുന്നത് ഇപ്പോഴാണ് ഉണർന്നിരിക്കുമ്പോഴാണ് പറയുന്നത് സ്വപ്നം എന്ന് വെച്ചാൽ അത് യഥാർത്ഥമായിരുന്നു അവിടെ അങ്ങനെ അല്ല അവിടെയെല്ലാം സത്യമായിരുന്നു സത്യമായിട്ടാണ് ഗ്രഹിച്ചത് അവിടെ സത്യമായി അങ്ങനെ ആകാമെങ്കിൽ അങ്ങനെ ഗ്രഹിക്കാമെങ്കിൽ വിഷയങ്ങളില്ലാതെ തന്നെ സർവവിഷയത്തെയും അവിടെ ഗ്രഹിക്കാം അവിടെയുണ്ട് സംക്ലേശം ഭയം അതുകൊണ്ട് വരുന്ന ക്ലേശങ്ങൾ എല്ലാം അവിടെയുണ്ട് ഒരു വിഷയം കൂടാതെ അവിടെ സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് സംഭവിച്ചോളാം എന്തതിന് കാരണം കാരണം ഇവിടെയും അവിടെയും ഒരേ ചിത്രം തന്നെ അവിടെ ഈ ദൃശ്യങ്ങളെയൊക്കെ ഉണ്ടാക്കി കാണിച്ച ചിത്തം തന്നെയാണ് ഇവിടെയും പ്രവർത്തിക്കുന്നത് ഇത് രണ്ടും ഒന്നാണെങ്കിൽ തന്റെ അർത്ഥത്തിൽ മാത്രം ഇങ്ങനെ മാറ്റം വരും എന്നല്ല ഒരു ഇത് സത്യമായിട്ട് നേരിട്ട് അനുഭവപ്പെടുകയാണല്ലോ അത് സത്യമല്ല എന്ന് ബോധ്യപ്പെട്ടല്ലോ പിന്നെ രണ്ടും അങ്ങനെ ഒന്നാവും എന്നാ അനുഭവകാലത്തിൽ അത് സത്യം തന്നെയായിരുന്നു സത്യമായിട്ട് തന്നെ അനുഭവപ്പെടും സ്വപ്നം കാണുന്ന ഒരുവനും പറയുന്നില്ല അതാ ഞാൻ നിശ്ചയമായ സ്വപ്നത്തെ കാണുന്നു പുലിയല്ലാത്ത പുലിയെ കാണുന്നു ആനയല്ലാത്ത ആനയെ കാണുന്നു അങ്ങനെയാലും പറയാറില്ല ഇത് സത്യമായി അനുഭവപ്പെടുന്നതുകൊണ്ട് ഇത് സത്യം എന്നും ഒരു വ്യക്തിയെ നമുക്ക് പറയാനുള്ളൂ അങ്ങനെയാണെങ്കിൽ അത് സത്യമായി അനുഭവപ്പെട്ടതുകൊണ്ട് അത് സത്യമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നുണ്ടോ മറിച്ചാൽ സത്യമല്ലെന്നാണ് ഉറപ്പിച്ച് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇതും സത്യമല്ലെന്ന് ബോധ്യപ്പെടണം എന്നാണ് പറയുന്നത് അതിനു ഇവിടെ പറയുന്നത് അപ്പം സത്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന വ്യക്തി അത് സത്യമല്ല എന്ന് ബോധ്യപ്പെടുന്ന വ്യക്തിയെക്കുറിച്ചാണ് അത് ബോധ്യപ്പെട്ടതുപോലെ ഇതും ബോധ്യപ്പെടാം പക്ഷെ സ്വപ്നത്തിൽ അത് അംഗീകരിക്കാൻ പ്രയാസമാണ് സ്വപ്നത്തിൽ തന്നെ അത് സത്യമല്ലാന്ന് ബോധ്യപ്പെടാൻ പ്രയാസമാണ് സ്വപ്ന സ്വപ്നത്തിന്റെ സ്വഭാവമാണ് സത്യമായെല്ലാം ബോധ്യപ്പെടുക അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണർവിലും ഇതിന്റെ സ്വഭാവമാണ് സത്യമാണെന്ന് ബോധ്യപ്പെടുക അവനാണ് മുക്തന്റെ ദൃഷ്ടാന്തം പറഞ്ഞത് സത്യമല്ല എന്ന് ബോധ്യപ്പെട്ടവനാണ് മുക്തനെന്ന് പറയുന്നത് എന്ന് പറയുന്നു അവിടെ ഇത് സത്യമല്ലാന്ന് ബോധ്യപ്പെടുന്നു അതാണ് വിശദീകരിക്കുന്നത് അഭൂദോഹി ജാഗരി ദേവി സ്വപ്നാർത്ഥവദേവ ബാഹ്യ ശബ്ദാദ്യർത്ഥോ യഥ മുക്തഹേതുത്വം ാഗ്രതത്തിനും ഇല്ലാതെ തന്നെ സ്വപ്നാർത്ഥത്തെ പോലെ ബാഹ്യമായ ശബ്ദാദി വിഷയങ്ങൾ അനുഭവപ്പെടുന്നു എന്ന് കരുതിന് എന്താ വ്യക്തി ഇല്ലാത്തതെന്നാണ് ചോദിക്കുന്നു മുക്തഹേതുത്വം ഇതിനുള്ള ഹേതുക്കളാണെന്ന് പറഞ്ഞത് ഇങ്ങനെ പല പറഞ്ഞു പരമാർത്ഥ ദർശനം അവിടെ പറഞ്ഞു പരമാർത്ഥ ദർശനം എന്ന് പറയുമ്പോൾ ആത്മജ്ഞാനം വരെ അതിന് കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല പരമാർത്ഥ ദർശനത്തെ അതിനോട് ഇവിടെ ഉക്തഹേദം എന്ന് പറഞ്ഞു വസ്ത്രങ്ങൾ വേറെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ നൂലായിട്ട് ചേർ അന്ന് വേറിട്ട് വസ്ത്രമില്ല ഇങ്ങനെ വ്യക്തിയിലൂടെയും പരമാർത്ഥത്തെ ബോധിപ്പിക്കാം അനുക്തഹേതു എന്ന് പറഞ്ഞു മറ്റ് പല വ്യക്തികളും മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഒരനുഭവം ബാധിച്ചു കഴിഞ്ഞാൽ അതിനെ അസ്വസ്ഥത കരുതെന്ന് പറയൂ മറ്റൊരു എന്തുകൊണ്ട് അസത്തെന്ന് വരുന്നു അത് ബാധിച്ചു പോയി ഇവിടെ ഉണർന്നിരിക്കുമ്പോൾ അത് ബാധിച്ചു പോയി അതുകൊണ്ട് അതിനത്തെന്ന് വരുന്നു അപ്പം മറിച്ച് ചിന്തിച്ചു പോകുക സ്വപ്നത്തിൽ ഇതുണ്ടായിരുന്നു ഈ അനുഭവങ്ങൾ ഇല്ല അപ്പോ ഇതിനെന്ത് സംഭവിച്ചു ബാധിച്ചു അങ്ങനെയാണെങ്കിൽ ശരി ഇപ്പോ ഈ അനുഭവത്തിൽ ഇത് അസത്യമാണെന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ സ്വപ്നത്തിൽ ഇതേ യുക്തി അനുസരിച്ച് അവിടെ അംഗീകരിച്ചല്ലേ സ്വപ്നം ഇല്ല എന്ന് പറയാൻ പറ്റും പറ്റത്തില്ല ഈ ജാഗ്രത പോലെയുള്ള ഒരു അനുഭവമാണ് സ്വപ്നം സ്വപ്നം ഇവിടെ ബാധിച്ചത് കൊണ്ട് ഇതാസത്തെന്ന് പറയും അതാസത്തെന്ന് പറയുന്നു അസത്യം സ്വപ്നത്തിൽ എന്താ ഈ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ഈ ജാഗ്രത അനുഭവങ്ങൾ അവിടെ ഇതിനെന്ത് സംഭവിച്ചു ഇത് ബാധിച്ചെന്ന് തന്നെ പറയും അങ്ങനെയാണെങ്കിൽ ഇതേ യുക്തി തന്നെ അവിടെയും പ്രയോഗിക്കുക ഇതും അസത്താണല്ലോ ഇവിടെയാണെങ്കിൽ അവിടെയെങ്കിലും അത് ശരിയാണെങ്കിൽ അവിടെ അസത്താണ് പക്ഷെ ഇവിടെ അസത്തല്ലല്ലോ അങ്ങനെയാണെങ്കിൽ സ്വപ്നവും സത്യവും തന്നെ പറയേണ്ടി കാരണം അത് സ്വപ്നത്തിൽ അസത്തായിരുന്നില്ല യുക്തി എല്ലായിടത്തും ഒരുപോലെ പ്രയോഗിക്കുന്നു യുക്തിവാദി എന്താ പറയുന്നത് ഞങ്ങളിത് സത്യമായി അനുഭവപ്പെടുന്ന അതുകൊണ്ട് സത്യം ഒന്ന് കേൾക്കുക അസത്യം ഒന്നിങ്ങനെ വിളിക്കാൻ പറ്റും അങ്ങനെ അനുഭവത്തിന് വിരുദ്ധമാണെന്നും അനുഭവത്തെ പരിശോധിക്കുമ്പോൾ ഒരു അനുഭവത്തെ മാത്രം എടുത്താൽ പോരാ ജാഗ്രത അനുഭവം സ്വപ്ന അനുഭവം സുഷുതി ഇതെല്ലാവർക്കും ഉള്ളതാണ് യുക്തിയോടവനും യുക്തി ഇല്ലാത്തവനും എല്ലാം ഉള്ളതാണ് അപ്പൊ എല്ലാ അനുഭവത്തെയും എടുത്ത് വിശകലനം ചെയ്ത് നോക്കുക സ്വപ്നത്തെയും പരിഗണിക്കേണ്ടി വരും അവിടെ ഇത് ബാധിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും കാരണം ഇത് അവിടെ ഇല്ല ഒരനുഭവം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ ബാധിക്കുന്നു അത് ബാധിച്ചു എന്ന് പറയും ഇവിടെ ഉണന്നിരിക്കുമ്പോൾ സ്വപ്ന അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ് അത് ബാധിച്ചതെന്ന് പറയും അല്ലാതെ ബാധിക്കുക എന്ന് പറയുന്നതിന് വേറെ അടുത്തു സ്വപ്നത്തിൽ ജാഗ്രത ഇല്ലെങ്കിൽ ജാഗ്രത അവിടെ ബാധിച്ചു എന്ന് പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ സത്യമാവും സുഷുതിയിലുണ്ടോ ഇത് അവിടെയും ബാധിച്ചു ഇതെങ്ങനെ സത്യം ഇത് പരമാർത്ഥമല്ല എന്നാ പറയുന്നു അല്ലാതെ നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് പരമാർത്ഥമല്ലെന്നല്ല പറയും അങ്ങനെയാണെന്ന് ധരിച്ചിട്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത് നമ്മളെന്തു പറയുന്നു അനുഭവത്തിൽ ഇത് പരമാർത്ഥമായിരിക്കുന്നു പരമാർത്ഥമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനെ പരമാർത്ഥമല്ല എന്ന് പറയുന്നു എന്നാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ അനുഭവത്തെ നിഷേധിക്കുക നമ്മുടെ അനുഭവത്തെ നിഷേധിക്കുകയല്ല നമ്മുടെ അനുഭവത്തെ പരിശോധിക്കാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ അനുഭവത്തെയാണ് നിഷേധിക്കുകയാണെങ്കിൽ സ്വപ്നത്തെയും നമുക്ക് അസത്യം ഒന്ന് പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് സ്വപ്നാനുഭവം സത്യം തന്നെയാണ് അതുകൊണ്ടിവിടെ പറയുന്നു അഭൂതോ ഹി ജാഗരദേവി സ്വപ്നാർത്ഥവും ദേവ ബാഹ്യ ശബ്ദാദ്യർത്ഥവും ഈ ജാഗരത്തിലും സ്വപ്നാർത്ഥത്തെ പോലെ ശബ്ദാദ്യാർത്ഥങ്ങൾ സത്യമല്ല അഭൂതമാണോ ഉക്തഹേതുത്വാച്ഛാനുള്ള വിദ്യകൾ പലതും ഉണ്ടാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് എന്നാലും പറയും ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി എന്നാലും നമ്മുടെ അർത്ഥാഭാസം ഇതെങ്ങനെ അസത്യമാണെന്ന് ബോധ്യപ്പെടും ഈ പ്രപഞ്ചം തന്നെ ഇത്ര വിസ്തൃതമായി അനുഭവപ്പെടുന്ന ഇതെല്ലാം സ്വപ്നം പോലെ അർത്ഥാഭാസമാണ് പരമാർത്ഥമല്ല എന്നിങ്ങനെ ബോധ്യപ്പെടും അത് അനുഭവത്തിന് വിഷയവുമായി നിൽക്കുന്നുണ്ടാണ് പറയുന്നത് ശരി അത് അനുഭവത്തിന് വിഷയവുമായി നിൽക്കുന്നുണ്ട് അത് ശരിയാണ് അതുകൊണ്ടാണ് അത് സത്യമെന്ന് തോന്നുന്നത് പക്ഷേ ഞാൻ അർത്ഥാഭാസ ചിത്ത ഈ അർത്ഥങ്ങൾ ചിത്രത്തിൽ നിന്ന് വേറെയല്ല ചിത്രത്തിൽ നിന്ന് വേറിട്ട് എന്ന് കാണുന്നിടത്താണ് ഇത് സത്യമെന്നതും ആ അനുഭവത്തെ അംഗീകരിക്കുന്നു നമ്മുടെ അനുഭവത്തിൽ നാനാവിഷയങ്ങളുണ്ട് അതിനെ ചോദ്യം ചെയ്യുന്നില്ല ഒരാളുടെ അനുഭവത്തെ വേറെ ഇങ്ങനെ നിഷേധിക്കാൻ പറ്റും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയാണ് എന്താണോ അർത്ഥാഭാസ ചിത്താത് നൃഥക് അർത്ഥാഭാസം ഈ അർത്ഥപ്രതീതി ഈ വിഷയഭാനം ആ ജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് ജ്ഞാനത്തിൽ നിന്ന് വേറിട്ടൊരു അർത്ഥത്തെ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക കാണത്തില്ല ഇത് ആ വിഷയത്തിൻ്റെ ഭാനം ആ ഭാനത്തിൽ നിന്ന് വേറിട്ടൊരു വിഷയം അതിൽ തന്നെ കാണുക കണ്ടെത്താൻ ശ്രമിക്കുക കാണാൻ പറ്റത്തില്ല ഭാനത്തിൽ ഭാനത്തിൽ നിന്ന് വേറൊരു വിഷയത്തെ ജ്ഞാനത്തിന് ജ്ഞാനത്തിൽ നിന്ന് വേറിട്ട വിഷയത്തെ കാണുക എന്തുകൊണ്ട് ജ്ഞാനത്തിൽ നിന്ന് വേറിട്ട പിന്നെ വിഷയമില്ല വിഷയത്തെ ആരാ കാണുന്നത് വിഷയത്തെ ഗ്രഹിക്കുന്ന വിഷയത്തിന്റെ ആ ഗ്രഹണത്തെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് ആ ഗ്രഹണത്തിൽ നിന്ന് വിഷയത്തെ വേർതിരിക്കുക അത് അസംഭവമായ കാര്യമാണ് ആര് വേർതിരിക്കും എന്തിനെ വേർതിരിക്കും വേർതിരിച്ചാൽ ശേഷിക്കുന്ന എന്താണ് കാരണം ഇതെല്ലാം സംഭവിക്കുന്ന ഇവിടെ ഈ പ്രക്രിയകളെല്ലാം നിങ്ങൾ ജ്ഞാനത്തിൽ നിന്ന് വിഷയത്തെ വേർതിരിക്കാൻ ശ്രമിക്കുന്നു വിഷയം വരുമ്പെടുന്നു ഇതെല്ലാം സംഭവിക്കുന്ന ജ്ഞാനത്തിൽ തന്നെയാണ് അറിവിൽ തന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം എന്താണ് അറിവിന്റെ പ്രവർത്തനങ്ങളാണ് അറിവിന്റെ പ്രവർത്തനങ്ങളെ അറിവിൽ നിന്നെങ്ങനെ വേറെ വേർതിരിക്കാൻ പറ്റും സാധ്യമല്ല അതുകൊണ്ട് ഇതിനെ പറയുന്ന എന്താണിത് അറിവിന്റെ ആകാരങ്ങളാണ് അറിവിന്റെ രൂപങ്ങളാണ് അറിവിന്റെ രൂപങ്ങളെ അറിവിൽ നിന്നെങ്ങനെ വേർതിരിക്കാൻ പറ്റും മണ്ണിൽ നിന്നെങ്ങനെ കുടത്തെ വേർതിരിക്കാൻ പറ്റും നൂലിൽ നിന്നെങ്ങനെ വസ്ത്രത്തെ വേർതിരിക്കാൻ പറ്റും ഭാഷകാരൻ വേറെടുത്ത് പറയും എത്ര സമർത്ഥനായ ശില്പിയായ അനുശ്രീ സമർത്ഥനായ ശില്പി എന്ന് പറയുന്നത് എന്താണ് അയാൾ വസ്ത്രത്തിൽ നിന്ന് വളരെ മനോഹര നൂലിൽ നിന്ന് വളരെ മനോഹരമായ ഒരു വസ്ത്രത്തെ ഉണ്ടാക്കി നല്ല സാമർഥ്യമായ കൊണ്ട് അതായത് ഈ ചിത്രത്തിൽ അനേക ഭാനങ്ങൾ നാമരൂപങ്ങളുടെ ഭാനം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ചിത്രം തന്നെയാണ് ഇവിടുത്തെ ശില്പിവിടെ ശബ്ദസ്പർശ രൂപേന സഗന്ധരൂപത്തിലുള്ള ഖനമാനങ്ങളുള്ള വസ്തുക്കളെല്ലാം ചിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ ശില്പി വിചാരിച്ചാൽ എന്താ ആ നൂലിൽ നിന്ന് വസ്ത്രത്തെ വരതിരിക്കാൻ പറ്റുന്നു സാധ്യമല്ല ഒരു ശില്പിക്കുന്ന സത്യം അയാൾ തന്നെയാണ് സൃഷ്ടിച്ചത് പക്ഷേ ആ നൂലിൽ നിന്ന് വസ്ത്രത്തെ പുറത്തെടുക്കുക അതയാൾക്ക് സാധ്യമല്ല ചിത്രം തന്നെയാണ് ഈ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷെ ആ ചിത്രത്തിന് ആ അർത്ഥത്തെ ചിത്തത്തിൽ നിന്ന് വേർപിടിക്കാൻ സാധ്യത വേറിട്ടൊരർത്ഥത്തെ കാണിക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും ഇവിടെ ശേഷിക്കുന്നത് കേവലം ചിത്തം തന്നെ എന്നാൽ ചിത്രത്തിന്റെ പ്രവർത്തനങ്ങളാണ് അതാണ് ഇവിടെ ഭാഷകാരൻ രണ്ടു വാക്കിൽ പറഞ്ഞിരിക്കുന്നത് ചിത്ത മറിച്ച് ചിത്തമേവ അതാ വിജ്ഞപ്തി മാത്രമാണ് വിജ്ഞപ്തിയിൽ നിന്ന് ജ്ഞാനത്തിൽ നിന്ന് അതിനെ തന്നെയാണ് വിജ്ഞപ്തി വിജ്ഞാനം ജ്ഞാനം ബോധം അറിവ് എന്നെല്ലാം പറയും അതിൽ നിന്ന് ഒരു ചിത്രത്തിനും ആ വിഷയങ്ങൾ വേർതിരിക്കാൻ വയ്യ വേർതിരിക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ എന്താണോ അതിലൊന്നും സ്വതന്ത്രമായ നിലനിൽപ്പില്ല സ്വതന്ത്രമായ നിലനിൽപ്പില്ല എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം അതൊന്നും സത്യമല്ല പരമാർത്ഥമല്ല സ്വതന്ത്രമായ നിലനിർത്തില്ലാത്ത ഒന്നെങ്ങനെ സത്യമാവും അവനെന്താ സത്യമായിട്ടുള്ളത് ഈ വിഷയങ്ങളെല്ലാം പ്രതീതമാക്കുന്ന ആ ജ്ഞപ്തി ജ്ഞാനം അതാണ് പരമാർത്ഥം അതിനാണ് ഉണ്ടെ സ്വപ്നത്തെ പറഞ്ഞത് സ്വപ്നത്തിനും ആ പരമാർത്ഥം ഉണ്ടായിരുന്നു അവിടെ അവിടെയും ഈ വിഷയങ്ങളിൽ നിന്നിരുന്നു ജാഗ്രതനും ആ സത്യമാണുള്ളത് അവിടെ ഈ വിഷയങ്ങൾ നിൽക്കുന്നു പറയുന്നത് ചിത്തമേ വഹി ഭടാദി അർത്ഥവ് അവഭാസതയും ഇതൊരു ഭാനമാണ് ഒരു പ്രതീതിയാണ് ഒന്ന് തന്നെ അർത്ഥത്തെ പോലെ എന്നൊക്കെ ഭിന്നമായൊരർത്ഥത്തെ പോലെ ആ ചിത്രത്തിൽ നിന്നും ഭിന്നമായ ഒന്നിനെപ്പോലെ അത് തന്നെ പ്രതീതമാകുന്നു അതങ്ങനെ സംഭവിക്കുന്നത് പിന്നെയാണിവിടെ പറഞ്ഞത് അവിദ്യ മായ എന്നെല്ലാ ശബ്ദങ്ങളും കൊണ്ട് പറഞ്ഞതാണ് ആ അവിദ്യയിൽ നിന്ന് മായയിൽ കഴിഞ്ഞാൽ ആ ഭാനങ്ങളെല്ലാം ചിത്രത്തിൽ നിന്ന് വേറിട്ടുള്ള വിഷയഭവനം അവിടെ ഇല്ല ഘടാതി അർത്ഥവും ഒന്ന് തന്നെ ഇങ്ങനെ ഭാനം ചെയ്യുന്നു അനുഭവപ്പെടുന്നു ചിത്രത്തിൽ നിന്ന് വേറിട്ടങ്ങനെ പ്രകാശിക്കുന്നതിനൊരർത്ഥമില്ലെങ്കിൽ അർത്ഥത്തെ സംബന്ധിച്ച് എന്ത് പറയേണ്ടി വരും എന്ന് പറയുന്നത് ജാതമാണോ നമ്മുടെ അനുഭവം എന്താണോ പ്രദക്ഷിണം ഓരോന്നും ഉണ്ടാകുന്നതായിട്ടാണ് പ്രദക്ഷിണം പ്രപഞ്ചാനുഭവങ്ങൾ മാറി മാറി വരികയാണ് അപ്പൊ അതിലെല്ലാം നമ്മൾ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതോ അത് ഈ ചിത്രത്തിൽ നിന്നും ഈ വിഷയങ്ങളെ നമ്മൾ വേർതിരിച്ച് കാണുന്നുണ്ട് ഇത് പൃഥക് അല്ല എന്ന് കാണാത്തതുകൊണ്ട് വേർതിരിച്ച് കാണുന്നുണ്ട് അവിദ്യമുണ്ട് ഇവിടെ ജന്മസ്ഥിതി നാശങ്ങളുടെ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇത് വേറെ എല്ലാന്ന് ഉണ്ടാകുന്ന അതാണ് നേരത്തെ മുക്തന്റെ ഉദാഹരണം പറഞ്ഞു ജന്മസ്ഥിതി നാശങ്ങളുടെ അനുഭവമില്ല പരമാർത്ഥത്തിന് അത് പരമാർത്ഥ ദർശനം എന്ന് പറയുന്നതാണ് അതിനെ സംബന്ധിച്ച് പിന്നെ അതെങ്ങനെ സംഭവിക്കും എന്തുകൊണ്ടെങ്ങനെ സംഭവിക്കുന്ന ഒന്നും ചോദിക്കുന്നതിൻ്റെ അർത്ഥമില്ല നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ പരമാർത്ഥ ദർശനം ആ പരമാർത്ഥ ദർശിക്ക് ഉള്ളൂ ഇവിടെ പറയുന്നതിൻ്റെ ഉദ്ദേശം അതിനെക്കുറിച്ചൊരു ഏകദേശ ധാരണ ഉണ്ടാകും അതങ്ങനെ ആയിരിക്കും അങ്ങനെയാണെന്ന് പൂർണ്ണമായി ഇവിടെ ആ വിദ്യയ്ക്ക് അധീനനായി നിന്നുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റത്തില്ല അത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൻ ആ നിമിഷം പരമാർത്ഥ ദർശിക്കാതി അപ്പോ അതിൽ വരുന്ന യുക്തിഭംഗങ്ങൾ പോരായ്മകളെല്ലാം ആ പരമാർത്ഥ ദർശനം കൊണ്ട് പരിഹരിക്കുന്നു അതുകൊണ്ട് പറയുന്നു ഘടാദ്യാർത്ഥവ ഭാസതയെ ചിത്തം തന്നെ ഇതെല്ലാമായി കാണുന്നത് അത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അടുത്ത പക്ഷികാലം പറയുന്നു യഥാസ്വപ്നെയും സ്വപ്നത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക സ്വപ്നത്തെ കുറിച്ച് ചിന്തിച്ചാലും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഏകാഗ്രതയും വെളിപ്പെടേണ്ട കാര്യമാണ് ഏകാഗ്രത എന്ന് പറഞ്ഞാൽ പോലെ പരമമായ ഏകാഗ്രത അതുപോലെപ്പെടെ ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് ഒരു ദൃഷ്ടാന്തം എന്നുള്ള നിലയ്ക്ക് സ്വപ്നത്തെടുത്ത് കാണിക്കണം ചിലത് സ്വപ്നത്തെടുത്ത് കാണിക്കുന്നത് രജ്ജസർപ്പം മരുമരിചികന്നൊക്കെ പറയുമ്പോൾ അത് ബാഹ്യമായ ദൃഷ്ടാന്തങ്ങളാണ് പുറമേ കാണുന്നതാണ് എല്ലാം ചിത്രത്തിന്റെ അത് പക്ഷെ സ്വപ്നം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ആത്മനിഷ്ഠമായ ഒരു ദൃഷ്ടാന്തമാണ് നമ്മൾ സദാ ഉണ്ടാകുന്നതും നമ്മൾ ചിന്തിക്കാതെ വിട്ടുകളയുന്നതുമായ ദൃഷ്ടാന്തമാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ഏകാഗ്രമായി മണ്ണും ചെയ്താൽ ഇക്കാര്യം ബോധ്യപ്പെടുന്നതാണ് സ്വപ്നത്തിന് എങ്ങനെയാണോ ചിത്തത്തിൽ നിന്ന് വേറിട്ട അർത്ഥങ്ങളില്ലാതിരുന്നത് അതുപോലെ തന്നെ ജാഗ്രതത്തിനും ചിത്രത്തിൽ നിന്ന് വേറിട്ട അർത്ഥങ്ങൾ ജാഗ്രതത്തിന്റെ അർത്ഥങ്ങൾ അനുഭവപ്പെട്ടാണ് ഇവിടെ നിന്ന് പറഞ്ഞല്ലോ മുക്തന് ഭ്രാന്തിയിൽ നിന്നും മോചിച്ചവന് അർത്ഥാനുഭവം ഇല്ലയെന്നു അതിന്റെ താല്പര്യം എന്താണോ മുക്തൻ മറ്റൊന്നിനൊന്നും കാണുന്നില്ല എന്നുള്ളത് ചിത്രത്തിൽ നിന്ന് വേർപ്പുള്ള അടുത്ത അനുഭവം ഭ്രാന്തിൽ നിന്ന് ഉത്മാദത്തിൽ നിന്നും മുക്തനായവന് ഉത്മാദത്തിന് അടിമപ്പെട്ടവന്റെ അതിനടിപ്പെട്ടവന്റെ ആ അനുഭവം അവനും അനുഭവമുണ്ട് ആ അനുഭവം വ്യത്യസ്തമാണ് മുക്തനും കാണുന്നുണ്ട് വിഷയങ്ങൾ അതിവിടെ നോ പറഞ്ഞതുപോലെ എന്താണോ പൃഥക്കായി വേറിട്ട് അനുഭവപ്പെടുന്നുണ്ടോ ചിത്തമായി തന്നെ നിൽക്കുന്നു അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ചിത്തം എന്ന സംസ്പൃശത്യർത്ഥം നാർഥാഭാസം തഥൈവ അഭൂതോ ഹി യാർത്ഥോ നാസത്ത പൃഥക്